ം നാൽപ്പത്തി അഞ്ച് ദേശത്തെ അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിന്റെ ഒരു വിശുദ്ധ അംശം വഴിപാടായി അർപ്പിക്കണം അത് ഇരുപത്തയ്യായിരം മുഴം നീളവും ഇരുപതിനായിരം മുഴം വീതിയും അത് ചുറ്റുമുള്ള എല്ലാ അതിരോളവും വിശുദ്ധമായിരിക്കണം അതിൽ അഞ്ഞൂറ് മുഴം നീളവും അഞ്ഞൂറ് മുഴം വീതിയുമായി ചതുരശ്രമായൊരു ഇടം വിശുദ്ധ സ്ഥലത്തിന് ആയിരിക്കണം അതിന്റെ ചുറ്റുപാട് അമ്പത് മുളം സ്ഥലം വെളിംപ്രദേശമായി കിടക്കണം ആ അളവിൽ നിന്ന് നീ ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയും അതിൽ അതിവിശുദ്ധമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരിക്കണം അത് ദേശത്തിന്റെ വിശുദ്ധാംശമാകുന്നു അത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അടുത്തുവരുന്നവരായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം അത് അവരുടെ വീടുകൾക്കുള്ള സ്ഥലവും വിശുദ്ധ മന്ദിരത്തിനുള്ള വിശുദ്ധ സ്ഥലവുമായിരിക്കണം പിന്നെ ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയുമുള്ളത് ആലയത്തിന്റെ ശുശ്രൂഷകന്മാരായ ലേവ്യർക്ക് പാർപ്പാൻ ഗ്രാമങ്ങൾക്കായുള്ള സ്വത്തായിരിക്കണം വിശുദ്ധാംശമായ വഴിപാടിന്റെ പാർശ്വത്തിൽ നഗരസ്വമായി അയ്യായിരം മുഴം വീതിയിലും ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും ഒരു സ്ഥലം നിയമിക്കണം അത് ഇസ്രയേൽ ഗ്രഹത്തിനൊക്കെയും ഉള്ളതായിരിക്കണം പ്രഭുവിനുള്ളതോ വിശുദ്ധ വഴിപാടിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും മുമ്പിൽ പടിഞ്ഞാറുവശത്ത് പടിഞ്ഞാറോട്ടും കിഴക്കുവശത്ത് കിഴക്കോട്ടും ആയിരിക്കണം അതിന്റെ നീളം ദേശത്തിന്റെ പടിഞ്ഞാറേ അതിരു മുതൽ കിഴക്കേ അതിരുവരെയുള്ള അംശങ്ങളിൽ ഒന്നിനോട് ഒത്തിരിയ്ക്കണം അത് ഇസ്രയേലിൽ അവനുള്ള സ്വത്തായിരിക്കണം എന്റെ പ്രഭുക്കന്മാർ ഇനി എന്റെ ജനത്തെ പീഡിപ്പിക്കാതെ ദേശത്തെ ഇസ്രയേൽ ഗ്രഹത്തിലെ അതത് ഗോത്രത്തിന് കൊടുക്കേണം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇസ്രയേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവിൻ സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവിൻ എന്റെ ജനത്തോട് പിടിച്ചുപറിക്കുന്നത് നിർത്തുവിനെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഒത്തതുലാസും ഒത്ത ഏഫയും ഒത്ത ബത്തും ബത്തും ഒരു പ്രമാണമായിരിക്കണം ബത്ത് ഹോമറിന്റെ പത്തിലൊന്നും പത്തിലൊന്നും ആയിരിക്കണം അതിന്റെ പ്രമാണം ഹോമരിനൊത്തതായിരിക്കണം ശേഖലൊന്നിന് ഇരുപത് ഗേര ആയിരിക്കണം അഞ്ച് ശേഖൽ അഞ്ചത്ര പത്ത് ശേക്കൽ പത്തത്ര അമ്പത് ശേഖൽ ഒരു മാനെ എന്നിങ്ങനെ ആയിരിക്കണം നിങ്ങൾ വഴിപാട് കഴിക്കേണ്ടത് എങ്ങനെയെന്നാൽ ഒരു ഹോമർ കോതമ്പിൽ നിന്ന് എഫ്എയുടെ ആറിലൊന്നും ഒരു ഹോമർ യവത്തിൽ നിന്ന് എഫ് എയുടെ ആറിലൊന്നും കൊടുക്കണം എണ്ണയ്ക്കുള്ള പ്രമാണം പത്ത് ബത്തുകൊള്ളുന്ന ഹോമരായ ഒരു കോരിൽ നിന്ന് ബത്തിന്റെ പത്തിലൊന്ന് കൊടുക്കണം പത്ത് ബത്ത് ഒരു ഹോമർ പ്രായച്ചിത്തം വരുത്തേണ്ടതിന് ഭോജനയാഗമായും ഹോമയാഗമായും സമാധാനയാഗങ്ങളായും ഇസ്രയേലിന്റെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറങ്ങളിലെ ഇരുന്നൂറ് ആടുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ദേശത്തെ സകല ജനവും ഇസ്രയേലിന്റെ പ്രഭുവിനുവേണ്ടിയുള്ള ഈ വഴിപാടിനായി കൊടുക്കണം ഉത്സവങ്ങളിലും അമാവാസികളിലും ശബത്തുകളിലും ഇസ്രായേൽ ഗ്രഹത്തിന്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ ുന്നു ഇസ്രയേൽ ഗ്രഹത്തിന് പ്രായ്ചിത്വം വരുത്തേണ്ടതിന് അവൻ പാപയാഗവും ഭോജനയാഗവും ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഒന്നാം മാസം ഒന്നാം തീയതി നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തേണം പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തത്തിൽ കുറയെടുത്ത് ആലയത്തിന്റെ മുറിച്ചുവരലും യാഗപീഠത്തിന്റെ തട്ടിന്റെ നാലു കോണിലും അകത്തെ പ്രാകാരത്തിന്റെ ഗോപുരത്തിന്റെ മുറിച്ചുവരലും പുരട്ടേണം അങ്ങനെ തന്നെ നീ ഏഴാം മാസം ഒന്നാം തീയതിയും അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചുപോയവനുവേണ്ടി ചെയ്യണം ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായച്ചിട്ടം വരുത്തേണം ഒന്നാം മാസം പതിനാലാം തീയതി മുതൽ നിങ്ങൾ ഏഴു ദിവസത്തേക്ക് പെസഹാ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം അന്ന് പ്രഭു തനിക്കു വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനുവേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം ഉത്സവത്തിന്റെ ഏഴു ദിവസവും അവൻ യഹോവിക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത ഏഴു കാളയെയും ഏഴ് ആട്ടുകൊറ്റനെയും ആ ഏഴു ദിവസവും ദിനം പ്രതി പാപയാഗമായി ദിനം ാട്ടിൻകുട്ടിയേയും അർപ്പിക്കണം കാള ഒന്നിന് ഒരു ഏഫയും ആട്ടുകൊറ്റൻ ഒന്നിന് ഒരു ഏഫയും ഏഫ ഒന്നിന് ഒരു ഹീൻ എണ്ണയും വീതം അവൻ ഭോജനയാഗം അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ ഏഴു ദിവസം എന്ന പാപയാഗത്തിനും ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം